അവധൂതൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരിക്കൽ അദ്ദേഹം അടുത്ത് ഒരു കുടുംബം കണ്ടു ഒരു പ്രാവിൻ്റെ ഒരു അബോധത്തിൻ്റെ കുടുംബം ഒരു പ്രാവിൻ്റെ കുടുംബം കണ്ടു ഒരു ആൺപക്ഷി ഒരു പെൺപക്ഷി വളരെ പ്രിയമായിട്ട് എണചേർന്നിരിക്കുന്നു അത് കണ്ട് രസിക്കുകയാണ് ഈ അവധൂതൻ അദ്ദേഹത്തിന് എന്താ വാൽമീകിയും ക്രൗഞ്ചഭിഥുനങ്ങളെ കണ്ട പോലെ തന്നെ അങ്ങനെ കണ്ട് സന്തോഷിച്ചും ഇത്ര പ്രിയമായിട്ട് സ്നേഹമായിട്ടിരിക്കണം കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോ ഇവർക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെയൊക്കെ എര തീറ്റ കൊടുക്കാം തീറ്റ കൊടുക്കാനായി എര പിടിക്കാനായി പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ അമ്മ പക്ഷിയും വരാനായിട്ട് കാത്തിരിക്കും കൊണ്ടുവന്ന് ഇര കൊടുക്കും തീറ്റ കൊടുക്കും ഇങ്ങനെ ഈ കുടുംബം സ്നേഹത്തോടെ വളർന്ന് വരുന്നു ഇങ്ങനെ വേണം കണ്ടാ തോതും കുടുംബ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം അത പുറ കുടുംബത്തെ പാത്താ കുടുംബ ജീവിത ഇപ്പ അഴകാർക്കണം ഒരു പതി പത്നി കുഴാം പ്രിയമാക്കോഷമാർക്കാക്ക് അവർക്കും സന്തോഷമാർക്ക് ഏർക്ക് കുടുംബം കഴിയാതെ ബന്ധവും കിടന്നു എല്ലാരോടൊ സന്തോഷം അവരോട് സന്തോഷം അവല്ലാരും സന്തോഷപ്പെട്ട അവരും സന്തോഷപ്പെട്ട ഇവ ര സന്തോഷമാടുംബം സന്തോഷമാളക്ക് ഒരു വേടൻ വര ഒരു വേടവൻ വന്ന് ഒരു വലയ വെച്ച് മുതല്ല ഇന്ന കുഴഞ്ഞ മാറ്റിക്കരുത് തന്നോട് കുഴഞ്ഞ വലയ മാറ്റി കൊടുത്ത അമ്മ പക്ഷിയും മാറ്റിക്കരുത് കൊഞ്ചക്ഷും വന്ന് എന്നോട് പത്നിയും പോയിട്ട് കുഴഞ്ഞ പോയിട്ട് അപ്പാ പക്ഷിയും മാറ്റിക്കുന്നത് ഹോൾ ഫാമിലി അത് വലയക്കുള്ള മാറ്റി അത് വേടൻ അത് വലയ അവർ വന്ന് കിളികളെ മാറ്റി കാപ്പാത്തലാ അറുത് വേടൻ വന്ന് അത് വലയെ എടുത്ത അവതൂതൻ ഈ വലയിൽ കുടുങ്ങിയ പക്ഷികളെ ഒന്ന് രക്ഷിച്ചാലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും വേടൻ ആ വലയെ എടുത്ത തോൽവിട്ടും തോൽവിട്ട് അർത്ഥവത്തായിട്ട് ഒന്ന് നോക്കി അവതൂതനെ എന്നെ മനസ്സിലായോ എന്നുള്ള മറ്റുള്ള അവതൂതൻ പറഞ്ഞു ഓ ഭഗവാനെ എനിക്ക് മനസ്സിലായി കാലപുരുഷൻ കാലപുരുഷൻ ഏവം കുടുംബി അശാന്താത്മാ ദ്വന്ദ്മ പദത്രിവത് പുഷ്ണൻ കുടുംബം കൃപണ സാനുബന്ധോ അവസീതീ കുടുംബത്തിലൊക്കെ ഇരിക്കാം പക്ഷെ കുടുംബത്തിൽ ആസക്തനായാൽ ഈ പക്ഷികളെ പോലെ ദുഃഖിക്കേണ്ടി വരും ഇവിടെ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മളുടെ കൂടെയുള്ളവരൊക്കെ എല്ലാ കാലത്തും നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഗ്യാരണ്ടി ഇല്ല എല്ലാവരും ഓരോരുത്തരുടെ പ്രാരബ്ധമായിട്ട് വന്നിരിക്കുകയാണ് ആസക്തരായാൽ അവര് വീഴുമ്പോ നമ്മളും വീഴും ലോകത്തിലുള്ളവരെങ്ങനെയാന്ന് വെച്ചാൽ അവര് വിമുക്തരായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെയും വിമുക്തരാവാൻ വിടില്ല പിടിച്ചു വലിക്കും ഈയിടെ ഒരു കുട്ടി ഒരു കഥ പറഞ്ഞാൽ നല്ല രസമായ കഥ മൂന്ന് പേരായിട്ട് ഒരു ഒരു സമുദ്രത്തിൽ കപ്പൽ പോകുമ്പോ കപ്പൽ മുങ്ങി കപ്പൽ മുങ്ങിയപ്പോ അതിൽ മൂന്ന് പേര് രക്ഷപ്പെട്ടു അത്ര ഒരു ജപ്പാനിലുള്ള ഒരാള് ബ്രിട്ടനിലുള്ള ഒരാള് ഒരു ഇന്ത്യക്കാരൻ മൂന്ന് പേര് ഒരു ദ്വീപിൽ കയറി ദ്വീപില് ഇവര് വിഷമിച്ച് തിരിച്ചു പോവാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോ ഒരു കുപ്പി കിട്ടി ബോട്ടിൽ ആ ബോട്ടിൽ തുറന്നപ്പോ അതിനകത്തുനിന്ന് ഒരു ഭൂതം വന്നു അപ്പൊ ഭൂതം ചോദിച്ചു നിങ്ങൾക്കൊക്കെ ഓരോ വരം തരാം എന്താ വേണ്ട പറയൂ ഇപ്പൊ ജപ്പാൻകാരൻ പറഞ്ഞു എന്നെ ജപ്പാനിൽ കൊണ്ടാക്ക ഉടനെ ഭൂതം കൊണ്ടാക്കി ഈ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു എന്നെ ബ്രിട്ടനിൽ കൊണ്ടാക്ക ഭൂതം ഉടനെ കൊണ്ടാക്കി അപ്പൊ നമ്മുടെ നാട്ടുകാരനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ എനിക്കിവിടെ തനിയെ ഇരിക്കാൻ പേടിയാവണോ അവരെ രണ്ടുപേരെയും തിരിച്ചു കൂട്ടിക്കൊണ്ടു ഞാൻ പെട്ടതില് അജ്ഞാനികളും താൻ എല്ലാം കൂടെ വലയിൽ പെട്ടെന്നാണ് കുടുംബത്തിലെ ഗതി ഇങ്ങനെയാണ് ഒരാളായിട്ട് വിമുക്തമാവാനേ പറ്റില്ല ഒരാൾ വിമുക്തനാവാൻ പോയാൽ ബാക്കിയുള്ളവർ വലയിട്ട് വലിക്കും ഇപ്പോ ഒരു പക്ഷി ഈ കൂട്ടിൽ പെട്ടു ബാക്കിയുള്ളത് ആസക്തി അവരെ വലയുടെ ഉള്ളിലേക്ക് വലിച്ചു അവതൂതൻ പറയാണ് ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ഏവം കുടുംബി അശാന്താത്മ ഈ കുടുംബത്തിൽ ആസക്തി ഉണ്ട് ഈ ആസക്തി എന്തിനും ശാന്തിയെ കേടുവരുത്തും നമ്മൾക്ക് എത്രയോ ലോകത്തിൽ ദുഃഖമൊന്നുമല്ല ശാന്തിക്ക് അശാന്തിക്ക് കാരണം ലോകത്തിൽ എത്രയോ ദുഃഖം ഉണ്ടല്ലോ ആർക്കൊക്കെയോ വിഷമം വരണോ നമ്മളൊന്നും ദുഃഖിക്കണില്ല പക്ഷെ നമ്മളുടെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നാലാണ് ദുഃഖം നമ്മളുടെ ആളുകളിൽ നിന്ന് എവിടെ നിന്ന് വന്നു ആസക്തി അറ്റാച്ച്മെന്റ് ഈ അറ്റാച്ച്മെന്റ് കാരണം ഈ പ്രാവിനെ പോലെ നമ്മളും കുടുങ്ങും എന്ന് കണ്ടു അപ്പൊ എന്ത് വേണം യപ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരം അപാവൃതം ഗൃഹേഷു ഖവത് സക്ത തം ആരൂഢുതം വിദുഹു ഈ മനുഷ്യലോകം മുക്തിദ്വാരമാണ് ഇവിടെ മുക്തിക്കുള്ള ദ്വാരം തുറന്നു വെച്ചിരിക്കും അപ്പ വൃത്തം എന്നിട്ടും വീട് കുടുംബം അതായത് എല്ലാം വ്യവഹരിച്ചോളുക പക്ഷേ അറിഞ്ഞുകൊള്ളണം ഒന്നും നമ്മളുടെ സ്വന്തമല്ല എല്ലാം എപ്പോ വേണമെങ്കിൽ വിട്ടുപോവാം എന്ന് അറിയാതെയാണ് വ്യവഹരിക്കണതെങ്കിൽ ആരൂടച്ഛുതൻ ഒരു ഉയരത്തിലേക്ക് ഉയർന്നിട്ട് ചുവട്ടിലേക്ക് വീഴേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും എന്ന് ഈ പ്രാവിൽ നിന്ന് പഠിച്ചു ആ പ്രാവിന് ഒരു നമസ്കാരം അതൊരു ഗുരു അവതൂതൻ യാതൊന്നിലും ബന്ധപ്പെട്ടില്ല അവിടുന്ന് നടന്നു കുറച്ചു കഴിഞ്ഞപ്പുണ്ട് ഒരു മലമ്പാമ്പ് കിടക്കണം വലിയ പാമ്പ് അജകരം പേരേതാണ് അതിങ്ങനെ കിടക്കണു ആടിനെ പിടിക്കണത് അങ്ങനെ വന്നു എന്തോ അറിയില്ല അവിടെ കിടക്കണം അനങ്ങോ ആതെ അപ്പൊ ഈ അവതൂതൻ കുറെ നേരം അതിനെ നോക്കി അദ്ദേഹത്തിന് ധാരാളം സമയമുണ്ടേ ഒരു പണിയില്ല അപ്പൊ ഇങ്ങനെ പ്രകൃതിയിലുള്ളതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഓരോന്നിൽ നിന്നും ഓരോ പാഠം പഠിക്കാനായിട്ട് നമുക്ക് ഓരോ പണി ബ്രെയിനിലുള്ളത് കൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല നമ്മളുടെ മുമ്പിൽ കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിന് യാതൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുകയാണ് ഈ മലമ്പാമനെ കണ്ടപ്പോ അവതൂതൻ ചോദിച്ചു മലമ്പാമനോട് ഡോ മടി പിടിച്ചിരിക്കണല്ലോ തമിഴ് എടി ഇല്ലേ മലയാളത്തിലെ മടിനാ സോമ്പേരി തരം അർത്ഥം ഒരു മാമിയങ്ങട്ട കേട്ട ഉടിയോ അപ്പൊ കേട്ടാ ഇല്ലേ മാമി മടിയേ ക മടിയോ അപ്പൊ കേട്ട മടിയേ ഇല്ലയ തഞ്ചാവ് ഒരു മടി ഇല്ല ഇന്ന മലമ്പാമ്പ് സോമ്പേറിയാ പടുത്ത ഇന്ന് അവതൂതർ കേക്ക് ഹേ സോമ്പേറി ഇപ്പൊ കടന്നാ ഉനക്ക് യാരു സാപ്പാട് കൊടുപ്പ കിടക്കും അത് ഇത് കേട്ട ഉടനെ കൊട്ടാവി വിട്ട് തന്ന കൊട്ടാവി വിട്ട പാമ്പോട് വായില ഒരു മൊയൽ മാട്ടിന് കൊടുത്ത അവതൂതർ പാത്താരോ നീ ബുദ്ധിശാലിത ഈശ്വരനോട് യോഗക്ഷേമ ശക്തി ഉനക്ക് തരും ഭഗവാൻ സൃഷ്ടി പണിയാ ഇത് സാപ്പാടും എങ്കോ വെച്ച പാർട്ടിക്കൃത്തിയാസികൾക്ക് ഗ്രഹസ്ഥാൽ സുമാ സന്യാസികൾക്ക് ഇപ്പൊ വൃത്തി ഉണ്ട് കൊണ്ടുവന്ന് കൊടുത്താൽ സാപ്പിടുവേ ഭഗവാനും മഹാത്മാക്കള പരീക്ഷണം പണി പാത്ര തപോവന സ്വാമികൾ ഒരിക്കൽ ഹിമാലയത്തിലോ സഞ്ചരിക്കുമ്പോ ഒരു ദിവസം തീരുമാനിച്ചു ഇന്ന് ഞാൻ ഒരിടത്തും ഭിക്ഷ എടുക്കാൻ പോകില്ല അടുത്ത് എവിടെയും ജനവാസമില്ല ഇവിടെ ഭിക്ഷ കിട്ടുകയാണെങ്കിൽ കഴിക്കാം ഇവിടെ ഇരിക്കാം കൊറേ നേരം കഴിഞ്ഞപ്പോ ഒരാള് ഒരു ഭാണ്ഡത്തിലെ ചപ്പാത്തിയായിട്ട് അന്വേഷിച്ചു കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജ് ഞാൻ ദിവസം ഏതെങ്കിലും സന്യാസിക്ക് ഭക്ഷണം കൊടുത്തേ കഴിക്കുള്ളൂ ഇന്ന് രാവിലെ എനിക്ക് ആരെയും കിട്ടിയില്ല ഞാൻ ഒരു പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ടാണോ വരുന്നത് നിങ്ങളെ അന്വേഷിച്ചു യോഗക്ഷേമ സ്വാമി വിവേകാനന്ദർ ഒരിക്കൽ ട്രെയിനിൽ പോകുമ്പോ അദ്ദേഹത്തിന്റെ അതേ കമ്പാർട്ട്മെന്റിൽ ഒരു മാറുവാടി വ്യാപാരി ഇരിക്കണോ അദ്ദേഹം സന്യാസികളെ അദ്ദേഹത്തിന് വെറുപ്പാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കാഷായ ഉടുത്ത് യു ആർ പാരസൈറ്റ്സ് സമൂഹത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് പണി ചെയ്യാതെ ജീവിക്കുകയാണ് ഞാൻ നോക്കൂ സുഖമായി പണി ചെയ്ത് എല് മുറ മുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം ഞാൻ എത്ര സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സ്വാമി ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് അറിയാം ഒന്നും കൊടുത്തില്ല ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവര് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ആ സ്റ്റേഷൻ എന്താ എനിക്ക് ശരിക്ക് ഓർമ്മയില്ല നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലം ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ഈ മറുപാടിയും അദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് സ്വാമിക്ക് ഓപ്പോസിറ്റായിട്ട് ഇരുന്ന് നല്ലവണ്ണം ഒരു തട്ടുവെച്ച് താൻ പാത്രത്തിൽ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിവേകാനന്ദന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വാമിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു നീ ചെറുപ്പക്കാരനാണ് എന്നെ കണ്ട് പഠിക്കണം ഞാൻ എത്ര അധ്വാനിച്ച് ജീവിക്കണം നീ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കാശായ കൊടുത്ത് നടക്കണമല്ലോ നോക്കൂ ഞാൻ കഴിക്കണത് നോക്കൂ ഒന്നും കൊടുക്കാതെ കഴിച്ചു സ്വാമിയുടെ മുമ്പില് സ്വാമി ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരുന്നു കയ്യിൽ ഭക്ഷണമില്ല കാശില്ല അങ്ങനെ ഒരു വർത്തം അപ്പോ ഒരു കൃഷിക്കാരൻ അതേ സമയത്തില് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിഫിൻ കാരിയർ ഒരു പാത്രത്തിൽ എന്തോ എടുത്തുകൊണ്ട് ഒരു ഇലക്കെട്ടുമായിട്ട് സ്റ്റേഷൻ ലിങ്ങിനെ ആരെയോ അന്വേഷിച്ചുകൊണ്ട് വരികയാണ് സ്വാമിയെ കണ്ടത് മഹാരാജ് രാമചന്ദ്രന്റെ കൃപ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമിയുടെ മുമ്പിൽ ഇല ഈ കൃഷിക്കാരൻ എന്ത് ഭക്ഷണമാണോ കഴിഞ്ഞാൽ അതേ ആ ഭക്ഷണമൊക്കെ ആ ഇലയിൽ വിളമ്പി മധുരപലഹാരങ്ങളൊക്കെ വിളമ്പി എല്ലാം വിളമ്പി അപ്പൊ സ്വാമി പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് ആടു മാറിയിട്ടുണ്ട് എനിക്ക് എന്തിനാ ഭക്ഷണം തരുന്നത് രാമചന്ദ്രജീനെ പോല എനിക്ക് രാമചന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാമചന്ദ്രൻ എന്തു പറഞ്ഞു ഞാൻ എത്രയോ കാലമായി രാമനാമം ജപിക്കണു എനിക്ക് രാമദർശനമേ കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നം ആ സ്വപ്നത്തിൽ രാമൻ എന്നോട് നിങ്ങളുടെ രൂപം കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സന്യാസി വരും ആ സന്യാസിക്ക് ഇന്ന ഭക്ഷണം ഇന്ന പദാർത്ഥം പാചകം ചെയ്ത് കൊണ്ടു കൊടുക്കണം ഞാൻ വെറും സ്വപ്നമായിരിക്കും വിചാരിച്ച് ഉറങ്ങിയപ്പോ വീണ്ടും അതേ സ്വപ്നം കണ്ടു ഞാൻ ഇത് എന്ന് അറിയാനായി വളരെ ഔത്സുഖ്യത്തോടുകൂടി ആ ഭക്ഷണം പാചകം ചെയ്ത് ഞാൻ പാത്രത്തിലാക്കി വന്നിരിക്കുകയാണ് എന്റെ ഭാഗ്യം അങ്ങ്താ എന്റെ മുമ്പിൽ നിൽക്കുന്നു എനിക്ക് ഭഗവാന്റെ കൃപ അങ്ങയുടെ മുഖമായിട്ട് അങ്ങയുടെ അങ്ങയിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നു ഈ ഭക്ഷണം സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഈ മാർവാടി ആശ്ചര്യമായി ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയെ കണ്ട് സ്വാമിയുടെ മുമ്പിൽ നമസ്കരിച്ചു സ്വാമി പറഞ്ഞു ഗൃഹസ്ഥ ധർമ്മപ്രകാരം നിങ്ങൾ പറയുന്നത് ശരിയാണ് അധ്വാനിച്ച് ജീവിക്കണം പക്ഷെ ഞങ്ങളെ പോലെ സർവസംഘ പരിത്യാഗികളായി സഞ്ചരിക്കുന്നവരെ ഭഗവാൻ നോക്കുന്നുണ്ട് സത്യമാണ് ഭർത്തൃഹരീതിന് ഒരു ഉദാഹരണം പറയും ഒരു പാമ്പിനെ ഒരു പെട്ടിയിലിട്ട് പൂട്ടിയത്ര ജീവിക്കോ നോക്കാനായിട്ട് ഒരു എലി ആ പെട്ടി കരണ്ട് ഉള്ളിൽ പോയി എന്നാണ് പാമ്പ് ആ എലിയെ തിന്നിട്ട് ആ ദ്വാരത്തിലൂടെ പുറത്തു വന്നോത്രേ അപ്പൊ യോഗക്ഷേമം വഹാമ്യഹം ഓരോ ജീവനും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട വക ഭഗവാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നിന്ന് പഠിച്ചു വലമ്പാമ്പിൽ അതുകൊണ്ട് വിഷമിക്കാതിരിക്കാം നമ്മളുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള ഉറപ്പോടുകൂടെ സ്വധർമ്മം ചെയ്യുമ്പോ നമ്മളെ പോലെയുള്ള ഗൃഹസ്ഥന്മാർക്കും ഇതൊരു പാഠം സ്വധർമ്മമൊക്കെ ചെയ്തോളാം പക്ഷേ നമ്മൾക്ക് ഫ്യൂച്ചറില് നമ്മളുടെ കാര്യം എന്താവും നമ്മളെ ആരും നോക്കും ഇത്തരത്തിലുള്ള വശമൊന്നും വേണ്ട സർവജത്പരിപാലകനായ ഭഗവാൻ യോഗക്ഷേമധുരന്തര സകലശ്രേയപ്രദോദ്യോഗിനാദൃഷ്ടമോപദേശകൃതിനഃ ബാഹ്യാന്തരവ്യാപിന സർവജ്ഞസ് ദയാവത കിം വേദിതവ്യം മയാ ശംഭോത്വം പരമാന്തരംഗ അന്വഹം സർവജ്ഞനും ദയാകരനും യോഗക്ഷേമ ദുരന്ധരൻ എന്നാണ് പറഞ്ഞത് യോഗക്ഷേമം നടത്താനായിട്ട് ദുരന്ധരനായിട്ട് ഭഗവാൻ ഇരിക്കുമ്പോ നമ്മളെന്തിനും വിഷമിക്കണം നമ്മളുടെ കാര്യം മുഴുവൻ നോക്കാനായ ഒരു പ്രഭു ഇരിക്കുമ്പോ നമ്മളെന്തിനും വിഷമിക്കണം ഒരു വൈഷ്ണവാചാര്യൻ പറഞ്ഞു ഞാൻ ദരിദ്രനാണെന്ന് വിചാരിക്കേണ്ട എനിക്ക് ധാരാളം സമ്പത്തുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ അസ്ഥിമേ ഹസ്തിശൈലാഗ്രേ വസ്തു പൈതാമഹം ധനം പിതൃപൈതാമഹം ധനം ധാരാളം ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അത് ഭഗവാനെക്കുറിച്ച് പറഞ്ഞതാണ് ഭഗവാൻ ഉണ്ടെന്നാണ് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കിട്ടും യാതൊന്നിനും ഒരു കുഴപ്പമില്ല യോഗക്ഷേമമൊക്കെ നടക്കും ആ ഉറപ്പിലാണ് മഹാത്മാക്കൾ സഞ്ചരിക്കുന്നത് ഈ അചകരത്തിൽ നിന്നും ഈ പാഠം പഠിച്ചു അങ്ങനെ അചകരം സമുദ്രം സമുദ്രം എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആഴമുള്ള സ്ഥലത്ത് സമുദ്രം നോക്കിയാൽ നിശ്ചലമായിട്ടിരിക്കും അതിൽ നിന്ന് പഠിച്ചു നമുക്കും ആഴം വേണം ആഴം വേണം സിന്ധുവത്സ്യം അഗാധ സമുദ്രത്തിനെ പോലെ അകമേക്ക് ആഴം ആത്മവിചാരം ചെയ്യ സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം നേരോരിവ സ്ഥിതി അന്ത ശീതളതാ ച ഇന്ദോഹോ ഇവോദേത്തി സമുദ്രം പോലെ ഗാംഭീര്യം മേരുപർവ്വതം പോലെ ഉറപ്പ് പൂർണ്ണചന്ദ്രൻ പോലെ ഉള്ളിലൊരു കുളിർമ്മ സമുദ്രം നിശ്ചലമായിരിക്കുന്ന സമുദ്രത്തിനെ കണ്ട് ചിത്തവൃത്തി നിരുദ്ധമായ വ്യക്തി ജ്ഞാനി ഇങ്ങനെ ഗംഭീരമായിരിക്കും എന്ന് സമുദ്രത്തിൽ നിന്നും പഠിച്ചു പതംഗ മധുക് ഇനി ഉദാഹരണങ്ങളാണ് അഞ്ച് ഇന്ദ്രിയങ്ങളെ കാണിക്കുന്ന അഞ്ച് ഉദാഹരണങ്ങൾ ശബ്ദാദിബി പഞ്ചഭിദേവ പഞ്ച പഞ്ചത്വമാഭുഹൂസ്വഗുണേന ബാഹം കുരംഗ മാതംഗ പതംഗ മീനഭൃംഗാനറ പഞ്ചബിരഞ്ജിതക്കിം അടുത്ത അഞ്ച് കുരുക്കന്മാരെ ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ എടുത്തു പറയുന്നത് കുരംഗ മാതംഗ പതംഗ മീനഭൃംഗ ആദ്യം മാന് മാന് ശബ്ദത്തിനടിമയാണ് അതുപോലെ നമ്മളും ചിലപ്പോൾ ശബ്ദത്തിന് അടിമയായിട്ട് മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെടും ഗ്രാമ്യഗീതം ശൃണുയാത് ഗ്രാമ്യഗീതം കേൾക്കരുത് എന്നാണ് ഗ്രാമ്യഗീതം എന്ന് വെച്ചാൽ ഏത് ഗീതം കേട്ടാൽ മനസ്സിൽ വിഷയവാസനകൾ ഉണരുമോ മനസ്സിൻ്റെ സമനില തെറ്റുമോ അശാന്തി ഉണ്ടാവുമോ അത്തരത്തിലുള്ള ഗ്രാമ്യഗീതം കേൾക്കരുത് അത് അതുകൊണ്ടാണ് സമ്യക് ഗീതം അതാണ് സംഗീതം സംഗീതം എന്തിനാണ് ഭക്തിക്കാണ് ഒരിക്കൽ രമണ ഭഗവാനോട് ഒരു ഭാഗവതർ ചോദിച്ചു ഭഗവാനെ പാടുന്നതിനാൽ ഭഗവാനെ അടയമ രമണ ഭഗവാൻ എതുമേ പേശലേ ഇവർ തരുംപവും കേട്ടാൽ തരുംപവും പേശലേ ത്യഗരാജ സ്വാമികളെ അടഞ്ഞ അടയാലോ അത് സങ്കീതമാനന്ദം അത് ആനന്ദം സംഗീതമാഗീത ജ്ഞാനമോ ഭക്തി വിനാ സങ്കീതം ഭക്തി ഇല്ലാത്ത അത് എന്നീതം അത് അത് സങ്കീതത്തി ഭക്തി താ അഴക സംഗീതവും ഭക്തിക്കാത്ത ഭക്തിയെ എക്സ്പ്രസ് പാനേ സങ്കീതം തന്നോട് ഹൃദയത്തിലെ എക്സ്പ്രസ് പേക്കുറവാ ഭക്തി നമുക്ക് അതിനാൽ തമ്മ ഋഷികൾ പോദ്ധതിയില നമുക്ക് സംഗീതം സാധാരണ എല്ലാ രുചിക്കില്ലേ ഏത് ഇന്ദ്രിയങ്ങളെ സ്പർശം പില്ലേ ആൾ ഹൃദയത്തെ തന്നെ സ്പർശം പക്ഷേ മെജോറ്റി ഇന്ദ്രിയതലത്തിലേക്കാല അത് ഇന്ദ്രിയ സർവേന്ദ്രിയും വിക്ഷോഭം മ്യൂസിക് അത് ഗ്രാമ്യ ഗീതം അത് ഗ്രാമ്യ ഗീതം മനസ്സോടൊ സമനിലയെ ഇല്ലാമ പണിവിടും അശാന്തി എന്നാലും അത് മ്യൂസിക്ക് പേര് ഇതെല്ലാം പുണ്യ മ്യൂസിക അത് മ്യൂസിക അശാന്തി പണിവിടും ചഞ്ചലപ്പടുത്തീതം ഭഗവാന കിട്ട കൊണ്ടു പോകണം ഭഗവാനെ പറ്റി ഇരിക്കണം ഒശന്ത ഒരു ലക്ഷ്യത്തോട് താൻ സംഗീതം വന്നിക്ക് സംഗീത ശാസ്ത്രത്തെല്ലാം നമുക്ക് കൊടുത്തവ ഋഷികൾ തന്നെ അവ എല്ലാമേ നമ്മള ഭഗവാനെ അടയറുക്ക് താൻ സംഗീതം വെച്ചിരിക്ക ഭഗവത് ആനന്ദത്തെ അനുഭവിക്ക അടയർത്തുകൂടെ ഇല്ല കേട്ടിട്ടേ ഇക്കെ നമ്മ അടഞ്ഞോ അനുഭവിക്കണം അപ്പം ഗ്രാമ്യ ഗീതം നശു യാത് ഗ്രാമ്യ ഗീതം അത് കേട്ടുകഴിഞ്ഞാൽ മനസ്സ് അശുദ്ധമാകും ചെവി അശുദ്ധമാവും അന്തരീക്ഷം അശുദ്ധമാവും അതിലൂടെ മനസ്സിന്റെ സമനില തെറ്റും എന്നുള്ളത് മാനിൽ നിന്നും പഠിച്ചു മാൻ കാട്ടിൽ ശബ്ദമുണ്ടാക്കുന്നത് കേട്ടിട്ട് ഓടി ഓടി ഓടി വലയിൽ കൊടുങ്ങും വേട്ടക്കാർ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കി പിടിക്കും അതുപോലെ ഗ്രാമഗീതവും മറ്റും പല സംഗീതം മാത്രമല്ല വർത്തമാനത്തിൽ നമുക്ക് ഭാഷ വളരെ മുഖ്യമാണ് ഭാഷ വളരെ മുഖ്യമായതുകൊണ്ട് ഇപ്പൊ മലയാളത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പതുക്കെ നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ നീട്ടും അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് അതേത് അതേസമയം തെലുങ്കിലാണ് പറയണതെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒന്നും കുഴപ്പമേയില്ല അപ്പോ ഭാഷയ്ക്ക് ഒരു അർത്ഥം കല്പിച്ച് ആ അർത്ഥത്തിൽ മനസ്സ് വ്യാപരിച്ച് സമനില തെറ്റും ശബ്ദങ്ങളൊക്കെ കല്പിച്ച് അതും ഒരു വഴിയാണ് കുടുങ്ങിനത് അങ്ങനെയാണ് എന്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് ഒരാള് ഫ്രഞ്ചില് ചിരിച്ചുകൊണ്ടേ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കും അദ്ദേഹം പ്രവചനം രൊ നന്നായിരിക്കും ചിലതാർക്ക് താങ്ക് യു അർത്ഥമേ ഇല്ല അത് അറിഞ്ഞാലേ എനിക്ക് അർത്ഥമുള്ളൂ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുമില്ല അപ്പോ യോഗികളുടെ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഒരു ശബ്ദത്തിനും ഒരു അർത്ഥം കൊടുക്കാതെ ഇരിക്കുക അതൊരു സാധനം എല്ലാം ശബ്ദബ്രഹ്മം യാതൊന്നും കേൾപ്പതും നാരായണ ശ്രുതികൾ എന്ന് ആന്തരികമായ ഒരു സാധന പരിശീലിക്കുകയാണെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ശബ്ദം വാക്കുകൾക്കൊന്നും പ്രത്യേകിച്ചൊരർത്ഥവും നമ്മൾ കൽപ്പിക്കാതെ മനസ്സ് സമനിലയിലിരിക്കും ഇത് പഠിച്ചു കുരങ്കം പിന്നെ ആന ആന സ്പർശത്തിന് ആന കാണാൻ വലിയ മൃഗമാണെങ്കിലും സ്പർശത്തിന് വളരെ സെൻസിറ്റീവാണ് പിടിയാനയെ തൊടാനുള്ള ആഗ്രഹം കാരണം പുറകെ ഓടി ഓടി കുഴിയിൽ വീഴും പിടിയാനയെ വെച്ചുകൊണ്ട് ഈ ആനയെ മെതുക്കിയെടുക്കുകയും ചെയ്യും ഇപ്പൊ ഈ സ്പർശസുഖത്തിലുള്ള ആഗ്രഹം കാരണം ആനയും സമനില തെറ്റണു അടിമയാകണു മനുഷ്യന് ഇത് ആനയിൽ നിന്ന് പഠിച്ചു സ്പർശത്തിന് അടിമയാകരുത് ശബ്ദ സ്പർശ രൂപം വസ്തുക്കളെ കാണാനുള്ള കൊതി അതിന് പതംഗമാണ് ശലഭം ശലഭം ഇപ്പൊ വിളക്ക് കൊളുത്തി വെച്ചാൽ മഴ പെയ്ത് വിളക്ക് കൊളുത്തി വെച്ചാൽ ഉള്ള പാറ്റകളൊക്കെ ആ തീയിൽ മുമ്പിലുള്ള പാത്രകൾ തീയിൽ വീഴുന്നത് കണ്ടിട്ടും പുറകെ വന്ന് വീഴും എന്താ അത്ര ആകർഷണം ആ തീയോട് മുമ്പിൽ വീഴും അതുപോലെ കണ്ണുകൊണ്ട് ചില പദാർത്ഥങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മനസ്സ് സമനില തെറ്റും ഇന്നൊക്കെ നമുക്ക് പ്രത്യക്ഷ ഉദാഹരണമുണ്ട് ടി വി ടെലിവിഷം വീട്ടിൽ തന്നെ അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു നാമജപത്തിന് സമയമില്ല ഭജനയ്ക്ക് സമയമില്ല സത്സംഗത്തിന് സമയമില്ല യാതൊന്നും സമയമില്ല അവരെന്ത് കാണിക്കണോ അത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എല്ലാവരും അങ്ങനെയല്ല കുറെ ആളുകളെങ്കിലും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലാണ് ബാധിച്ചിരിക്കുന്നത് സിറ്റിയിലുള്ള ആളുകൾക്കൊന്നും ഇത് വലിയ ബാധയില്ല അവർക്ക് സമയം പോരാ ഗ്രാമങ്ങളിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ പണി കഴിഞ്ഞ മുമ്പിലാണ് കണ്ണുകൊണ്ട് കണ്ടാ രം വിഷം വിഷം ഒരു ശരീരത്തിനെടുക്കും ജന്മാന്തരഘ്നമുച്ചതേ ഈ വിഷയമുണ്ടല്ലോ യാ ഒരു യാ ചേർത്ത് കഴിഞ്ഞാൽ ജന്മാന്തരഘ്നം ഇനി വരുന്ന ജന്മങ്ങളിലേക്കൊക്കെ ഉള്ള വാസന ശേഖരിക്കായി അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നത് യാതൊന്നു കാൺബത്തു നാരായണ പ്രതിമ കണ്ണുകൊണ്ട് ഭഗവത് നല്ല മംഗളമായിട്ടുള്ളത് ഭദ്രം കർണ്ണേബി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ പ്രാർത്ഥിക്കാം ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വന്നാലും അറിയാതെ കൺമുമ്പിൽ എന്തെങ്കിലുമൊക്കെ പെട്ടാൽ അതൊക്കെ ഭഗവത് സ്വരൂപം അതൊക്കെ പരമാത്മ സ്വരൂപം യാതൊന്നു കാണുമ്പത അതു നാരായണ പ്രതിമ അപ്പൊ അടിമപ്പെടുന്ന ഈ ശലഭം പോലെ തീയിൽ വീണു പോകരുത് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടരുത് എന്ന് പതങ്ക്ീന് അടുത്ത മത്സ്യം മത്സ്യം നാവിന് അടിമയാണ് രുചി രുചിക്ക് അടിമയായി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കും കുഴപ്പമുണ്ടാവും രുചിക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവാക്കുന്നുണ്ട് എത്ര സമയം അതിനുവേണ്ടി പോകുന്നു രുചിക്ക് ഒരു പദാർത്ഥം ഉണ്ടാക്കാൻ അടുക്കളയിൽ എത്ര സമയം ഒരു സാധകന ഭഗവത് ഭജനം ചെയ്യുന്ന ഒരു ഭക്തനെ ഇത്രയും സമയം ഇത് ഉണ്ടാക്കാൻ ചില പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കണം കേട്ടോ നമ്മളാ വെച്ചിട്ട് ഇന്നെ പലഹാരം ഉണ്ടാക്കണം അത് ഒരു ജിലേബിയെല്ലാം എത്ര കഷ്ടം അത് എങ്കിലും തുടങ്ങുന്നത് എങ്ക അവസാനിക്കുന്നത് അത് ഒരു ആർത്ത് എല്ലാം വായില പോട്ട് ഇങ്ങനെ വരവേറ്റ ആ രുചിക്ക് നമ്മ അടിമ അത് ഡയബറ്റിക്കാകും മത്സ്യം അത് ചൂണ്ടിലെ വിഴുറ മാറി നമ്മളും രുചിക്ക് അടിമയായി ആരോഗ്യ നശിക്ക് മനസ്സോട് സമാധാനവും ആഹാരം ശുദ്ധം അല്ലെങ്കിൽ മനസ്സ് അശുദ്ധമാവും ആഹാര ശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധ ധ്രവാസ്മൃതി സ്മൃതി ലാഭേ സർവഗ്രന്ഥീനം വിപ്രമോക്ഷ ആഹാരം ശുദ്ധമായാലേ സത്വഗുണ ശുദ്ധമാവുള്ളൂ ആഹാരം അശുദ്ധമായാൽ രുചിയായിട്ടുള്ള ആഹാരമായിരിക്കും പക്ഷെ അശുദ്ധമായിരിക്കും അങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ സമനില തെറ്റും നാവിന് അടിമപ്പെട്ടിട്ട് ഭഗവാനെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് രുചിക്ക് അടിമയായി മത്സ്യത്തിനെ പോലെ കുടുങ്ങരുത് എന്തെങ്കിലും വിശപ്പിനാണ് ഭക്ഷണം രുചിക്കല്ല വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ രുചിക്ക് ഭക്ഷണം കഴിക്കുന്നതിലില്ല എന്ന് അറിഞ്ഞാൽ മതി ഭക്ഷണം രുചിക്ക് വേണ്ടിയല്ല ഭക്ഷണം വിശപ്പിന് വേണ്ടിയാണ് അതിന് രുചി ഉണ്ടായിക്കോട്ടെ സാത്വികമായ രുചിയായിക്കോട്ടെ പക്ഷെ രാജസമായ രുചി പാടില്ല ഇത്രയും കാര്യം ഈ മത്സ്യത്തിൽ നിന്ന് പഠിച്ചു കുരങ്ക് മാതങ്ക് പതങ് മീന ഭൃങ്ക വണ്ട് ഭ്രമരം പുഷ്പത്തിലുള്ള സുഗന്ധം മണന്നു മണന്ന് പുഷ്പത്തിൽ ചെന്നിരിക്കും പുഷ്പം കൂമ്പും അതിനകത്ത് കൊടുങ്ങും ഇതേപോലെ മണത്തിന് അടിമയായിട്ടും മനസ്സിന് സമാ ഈ അഞ്ചു ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സ് പുറമേക്ക് പോകണം ഇതിൽ ഓരോ ഇന്ദ്രിയത്തിന് അടിമയായതുകൊണ്ട് ഇതിൽ ഓരോ ജീവിയും മരിച്ചു പോകുന്നു ഇന്ദ്രിയങ്ങൾക്കും അടിമയായ മനുഷ്യനെക്കുറിച്ച് എന്തു ചൊല്ലാന്ന് ശബ്ദാദിപി പഞ്ചപിരേവ പഞ്ച സ്വ ഗുണേന ബദ്ധാഹ കുരങ്ക് മാതംഗ പതംഗ മീനഭൃംഗ നരഹ പഞ്ചബിഹി അഞ്ചിതയ്ക്കും അഞ്ചിനും അടിമയായ മനുഷ്യനെ കുറിച്ച് എന്തു പറയാന അശാന്തി സമനില ഇല്ല അപ്പോ ഈ അഞ്ചിനും അടിമയാവരുത് എന്ന പാഠം ഈ അഞ്ചിൽ നിന്നും പഠിച്ചു അടുത്ത ഒരു ഗുരു വിചിത്രമായ ഒരു ഗുരു ഈ അവതൂതൻ കാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു ഇനി എങ്ങനാ ജനകമഹാരാജാവിന്റെ രാജ്യമായ മിഥിലാപുരിയിലേക്ക് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു വിദേഹ നഗരത്തിലേക്ക് അങ്ങോട്ട് യാത്രയായി അവിടെ ചെല്ലുമ്പോ ഒരു മാളിക ആരോടോ ചോദിച്ചു ആ മാളികയ്ക്ക് മുമ്പിൽ ഒരു വിസ്താരമായിട്ട് കിടക്കാൻ സ്ഥലമുണ്ട് ഇതാരുടെ ആ മാളിക അവിടെയുള്ളവർ പറഞ്ഞു സ്വാമി അങ്ങോട്ട് പോണ്ട അതൊരു വേശീതര മാളികയാണ് അവളുടെ പേര് പിങ്കള എന്ന് പേര് ഓ ശരി അതിനെന്താപ്പോ അദ്ദേഹം അവിടെ കടന്നു അവതൂതൻ അവിടെ കടന്നു ഈ വേഷ്യ സ്ത്രീ അലങ്കാരം ചെയ്ത് തനിക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാത്തുകൊണ്ട് ഉമ്മർത്തുവന്ന് നിൽക്കും കുറെ നേരം നിൽക്കും കുറെ നേരം കണ്ടു ആരും വരുന്നില്ല അവൾ അകത്തി ചെന്നു വേഷം മാറി ചിലപ്പോ ആളുകൾ വരും ചിലപ്പോ വരില്ല ഇടയ്ക്കിടയ്ക്ക് ഇവൾ വേഷം മാറി മാറി വന്ന് നിന്ന് നോക്കും ഇവൾക്ക് രാത്രി ഉറക്കമല്ല ഇവൾക്ക് നിത്യനിരന്തരമായി ആരോടും സമ്പർക്കവുമില്ല സംബന്ധവുമില്ല വരികയും പോവുകയും ചെയ്യുന്ന സംബന്ധമാണ് അവൾ ഉമ്മർത്ത് നിന്ന് ഈ അവധൂതന്റെ ദൃഷ്ടി അവളുടെ മേലെ വീണു പരമവൈരാഗ്യം അവൾക്കുണ്ടായി ആ പിങ്കളെ പറഞ്ഞു അഹോമേ മോഹവിധി വിധത്തി പശ്യത് അഭിജിതാത്മനഹാന്താത് അസതഹ കാമം കാമയേന ബാലിഷ ഞാനൊരു മൂഢബുദ്ധി എത്ര മോഹം എനിക്ക് എത്ര അജ്ഞാനം ഈ മിഥിലാപുരിയിൽ ഞാൻ ഒരുത്തിയേ ഉള്ളൂ ഇങ്ങനെ ഇവിടെ എല്ലാവരും വിദേഹ ദേഹബോധമില്ലാത്ത ആളുകൾ അവിടെ എല്ലാവർക്കും അവരവർക്കായിട്ട് ഒരു ഭർത്താവുണ്ട് യാസതഹ അസത്തുക്കളിൽ നിന്നും ഭോഗം കിട്ടുമെന്ന് ആഗ്രഹിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നുവല്ലോ ബാലിഷ ഞാനൊരു മൂഢബുദ്ധി എനിക്കൊരു ഭർത്താവ് വേണം എന്നാൽ വിവാഹം കഴിക്കാൻ പോവുകയാണോ ഏയ് എനിക്കൊരു ഭർത്താവ് വേണം ആ ഭർത്താവ് എന്നെ വിട്ടു പിരിയരുത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം ഒരിക്കലും എനിക്ക് ദുഃഖം തരരുത് ആ ഭർത്താവ് എപ്പോഴും എനിക്ക് ആനന്ദം തരുന്ന ആളായിരിക്കണം അങ്ങനെ ഒരു ഭർത്താവ് വേണം എന്നാ പിന്നെ കിട്ടിയ പോലെ തന്നെ അല്ലേ ഒരു ഭർത്താവ് വേണം ആ ഭർത്താവ് എന്നെ വിട്ടു പിരിയരുത് എപ്പോഴും എനിക്ക് ആനന്ദം തരണം എന്നോട് പതി നമ്മ പതി വേണം അത് പതി എനിക്ക് എപ്പോ ആനന്ദത്തെ കൊടുക്കണം എന്നെ വിട്ട് വിലകാമോ സദാ ഇൻ കൂടെ അപ്പൊ ഒരു പതി യാവത് കിടക്കുമോ ഉലകത്തില അപ്പി വേണുങ്ക അപ്പ ഒരു പതി ഇക്കാരോ അവക്കാരേ സന്തം സമീപേ രമണം ം വിഹായ അകാമതം ദുഃഖ ഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജ്ഞ ഞാനൊരു അജ്ഞാനി സന്തം സമീപെ ഏറ്റവും അടുത്തിരിക്കുന്നു ആരാ രമണം രമണൻ വെച്ചാൽ രമിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ അർത്ഥം രതിപ്രദം ആനന്ദത്തിനെ കൊടുക്കുന്നവനായി രമണൻ എന്റെ ഉള്ളിൽ തന്നെ എന്റെ കൂടെ തന്നെ ഇരിക്കുമ്പോ ആത്മവസ്തുവായിരിക്കുമ്പോൾ യാതൊരുവിധ സുഖമോ നിത്യസുഖമോ നിത്യാനന്ദമോ കിട്ടാത്തതായ പുറത്തു നിന്നുള്ള ആളുകളിൽ ഞാൻ സംബന്ധം വെച്ചുമല്ലോ വിത്തപ്രദം അവന്തന ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് ഭർത്താവായിട്ടിരിക്കുന്നു നിത്യാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നു നമ്മളെ വിട്ടു പിരിയാത്തവനായിരിക്കുന്നു ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ഇത്ര ദിവസം എന്റെ ശരീരത്തിനെ വിറ്റ് ഭോഗം സമ്പാദിച്ചു ഇനിയിപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് അർപ്പണം ചെയ്ത് ഭഗവാനെ വാങ്ങിക്കാൻ പോകുന്നു ഞാനും സമം ഒന്ന് ആലോചിച്ചു നോക്ക രമേ അനേന യഥാ രമ എന്നാണ് അവൾ പറയുന്നത് രമയെ പോലെ ഞാൻ ഇവനുമായി രമിക്കാൻ പോകുന്നു ലക്ഷ്മി എങ്ങനെ ഭഗവാനെ വിട്ട് പിരിയാതിരിക്കുന്നു അതുപോലെ ഞാൻ ഇനിമേലാൽ ഭഗവാനെ വിട്ട് പിരിയാതിരിക്കാൻ പോകും ഇവളെവിടെ മഹാലക്ഷ്മി എവിടെ മഹാലക്ഷ്മിയോട് ഉപമിക്കാവോ എന്ന് ചോദിച്ചാൽ അവൾ പറയുന്നത് അതാണ് ലക്ഷ്മിയും ഞാന് സമം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതാ വിക്രി ആത്മനൈവാഹം രമേ അനേന യഥാ ഞാൻ എന്നെ അർപ്പണം ചെയ്ത് ഭഗവാനെ സ്വന്തമാക്കി ഭഗവാനുമായി ഞാൻ രമിക്കാൻ പോകുന്നു ഇനി പുറത്തുള്ള ആരുമായി എനിക്ക് സംബന്ധമല്ല ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യ കാന്താശാം സുഖം സുഷ്പാപ പിങ്കള ഈ പിങ്കള ഇത്രകാലം ഉറങ്ങിയിട്ടില്ലല്ലോ രാത്രി മുഴുവൻ കാത്തിരിക്കല്ലേ ഇപ്പോൾ തീരുമാനിക്കുകയാണ് ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം ആശയെ ഉപേക്ഷിക്കുന്നത് പരമസുഖം ഇനി പുറത്ത് നിന്നൊരു പുരുഷൻ തന്റെ അടുത്തേക്ക് വരണം എന്നുള്ള ഉപേക്ഷിച്ച് ഞാനിത് അസുഖമായി ഉറങ്ങണം ഈ കഥ കണ്ടാൽ തോന്നും സുഖബ്രഹ്മ മഹർഷി എന്തിനാണ് അപ്പൊ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് ഒരു ഉദാഹരണം വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉദാഹരണം ഈ പിങ്കള പിങ്കളയല്ല നമ്മളൊക്കെ തന്നെ പിങ്കള ചെയ്യുന്ന പ്രവൃത്തിയാണ് അജ്ഞാനിയായ ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് തനിക്ക് ആരോട് നിത്യബന്ധമുണ്ടോ ആ നിത്യബന്ധമുള്ള സ്വരൂപത്തിനെ വിട്ട് അനിത്യമായ വസ്തുക്കളോടൊക്കെ ജന്മജന്മങ്ങളായി സംബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഈ വ്യഭിചാരം എന്ന് അതാണ് അവ്യഭിചാരിണി ഭക്തി എന്ന് പറയും വ്യഭിചാരമില്ലാത്ത ഭക്തി ഭഗവാനോട് മാത്രം സംബന്ധം അത് വിട്ട് ഓരോ വസ്തുക്കളോടായി സംബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിങ്കള എന്ന് ഈ ജീവനെ വിളിക്കുകയാണ് ഈ ജീവൻ തന്നെ പിങ്കള വസ്ത്രം മാറ്റി മാറ്റി വരണമല്ലോ ഇവൾ വാസാം സിജീർണാ യഥാ വിഹായ നവാന ഗൃണ്ണാതി നരോപരാനി ഓരോ ജന്മങ്ങൾ കഴിയുമ്പോഴും പുതിയ പുതിയ ശരീരം അതാണ് ഈ പിങ്കള വസ്ത്രം മാറ്റി വരുന്നത് അവസാനം അവൾ ഉറങ്ങി ഇത്രകാലം ഉറക്കമില്ല ഇപ്പോ ഉറങ്ങി എന്ന് പറഞ്ഞപ്പോ എന്താ ഉറക്കം യഥാർമാരി ഭഗവതാസാകം സ്വപതി തഥാ ഇയം ആത്മനാ ഭർത്താസാകം ഹൃദയാകാരേ സുഖം നിർവികൽപ്പേ സമാധോ സുഷ്വാപൃദയമാവുന്ന ആകാരത്തിൽ ഭഗവാനുമായിട്ട് നിർവികൽപ്പ സമാധിയിൽ ഉറങ്ങിയെന്നാണ് സ്വരൂപത്തിൽ അങ്ങനെ കിടന്നു അതാണ് ഉറക്കം ആശയ എല്ലാ ആശയും ദുഃഖം ആശയ അരുമിൻ ആശയ അരുമിൻ ഇല്ല മുതല എന്നാൽ ഒരു ആശയെ അരുമിൻ വിഷയ ആശയെ വിട് എ ഭഗവാന ആശ വെച്ചനോടാകലും ആശയ അരുമിൻ ഈശനോട് ആശയെ അറിഞ്ഞാ എന്നർത്ഥം ഈശ്വരൻ വെളിയിൽ എങ്കോ ഒരു പദാർത്ഥം പ്രാപിക്ക വേണ്ടിയ പദാർത്ഥം നെനച്ചിന്ക്കെ വേറെ അടയമ ഭഗവാനിട്ട ആശയ വെച്ചിട്ട് ലോകത്തിലെ വിടുോം അപ്പം ഭഗവാനിരിക്കശയും ഏതോ ദൂരക്ക് അജ്ഞാനത്തെ വിട്ടോ ആ പ്രകാശിക്ക വസ്തുത ഭഗവാൻ ആശയ പടപം താനേ ആശയ വിടവിട ഇൻപം താനേ ആശയ വിടവിട ആനന്ദം ഇത് പിങ്കളെ കിട്ടുന്ന പഠിച്ച അടുത്തത് ഒരു പരുന്ന് അത് പരുന്ന് ആകാശത്തിലെ പറക്കരുത് കാക്കെ തുറത്തേക്ക് ഏൻ ഇന്ന് കാക്കൈക്ക് പരുന്ന് കിട്ട അത് പരുന്ന് കൊക്കിലെ ഒരു കഷ്ടം മാംസം വെച്ചിട്ട് അത് മാംസത്തെക്കാതെ കാക്ക തുരത്തരു കൊച്ച നരമാ പാത്തിൻ്റെ പരുന്ന് ഇന്നാക്ക വിടമാട്ടേങ്കേ തെരഞ്ഞോട മാംസത്തെ വിട്ടിടുത്തു കാക്കെ പരുന്ത വിട്ട് മാംസത്തെ പിന്നാലെ പോയിച്ചേ മാറി ശരീരമാക മാംസം നാ നെച്ചിട്ട് വരെ ദുഃഖമാകത്തി തുരത്തി കൊത്തി പരിഗ്രഹോഹി ദുക്കായ യദ് പ്രിയതമം നൃണാം അനന്തം സുഖമാപനോദി തദ്വിദ്വാൻ യസ്തു അകിഞ്ചന ഈ ശരീരം താനെന്ന് ധരിക്കുന്നിടത്തോളം പരിഗ്രഹമുണ്ട് അത് ദുഃഖമാണ് ശരീരത്തിന്റെ ദുഃഖമൊക്കെ നമ്മളെ ബാധിക്കും എപ്പോ ശരീരം താനല്ല എന്ന് അറിഞ്ഞ് ഈ പരുന്ത് മാംസത്തിന് വിട്ട പോലെ ഈ ശരീരമാവുന്ന മാംസം താനല്ല എന്ന് മാറ്റി നിർത്തിയാൽ ശരീരത്തിന്റെ ദുഃഖം ശരീരത്തോടെ പോകും സ്വരൂപത്തിനെ ബാധിക്കില്ല അതേപോലെ ബാഹ്യ വസ്തുക്കൾ അതെ ഒരുപാട് വസ്തുക്കൾ നമ്മളുടെ കയ്യിൽ വെച്ചാൽ ആര് കണ്ടാൽ സംശയം ട്രെയിനിൽ പോകുമ്പോൾ പെട്ടിയിൽ ധാരാളം സാധനങ്ങളുണ്ട് ട്രെയിനിൽ കയറിയിരുന്ന പേടിയാണ് കാണുന്നവരെയൊക്കെ കണ്ട അവർ നമ്മളുടെ പെട്ടി എടുക്കാൻ വേണ്ടി വന്നതാണോന്ന് തോന്നുന്നു അത്രയും ഉറങ്ങാൻ പറ്റില്ല ഒരുപാട് വസ്തുക്കൾ കയ്യിൽ വെച്ചാൽ ഉറക്കമില്ല പരിഗ്രഹോഹി ദുഃഖായി ഒരു നാഗാർജുനൻ എന്ന് പറയുന്ന ഒരു സാധുവിനെ ഒരു സന്യാസി അദ്ദേഹത്തിന് രാജാവ് അദ്ദേഹത്തിനോട് ഭക്തി വന്നിട്ട് സ്വർണം കൊണ്ടൊരു ഭിക്ഷാപാത്രം കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വർണ ഭിക്ഷാപാത്രവും മര എരപോട്ടിയും ഒക്കെ തന്നെ ഈ സ്വർണ ഭിക്ഷാപാത്രം കൊണ്ട് അദ്ദേഹം ഭിക്ഷയെടുത്തു അപ്പോ ഒരുത്തം ശ്രദ്ധിച്ചു ഈ സന്യാസി സ്വർണ്ണ ഭിക്ഷാപാത്രം കൊണ്ട് ഭിക്ഷ എടുക്കണത് രാത്രി ഭിക്ഷാപാത്രം അടുത്ത് വെച്ച് ഈ സ്വാമി കിടക്കുമ്പോ ഇയാള് മരത്തിന്റെ പുറകെ കൂടെ എത്തി നോക്കുക ഉറങ്ങിയോന്ന് നോക്കുക മരത്തിന്റെ മേലെ പുറകെ കൂടെ കയറിയിട്ട് മുകളിൽ എത്തിയിട്ട് നോക്കുക കുറെ നേരെ അദ്ദേഹം കണ്ടു ഈ കള്ളൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണോ അവനോട് പറഞ്ഞു കൊണ്ട് വരൂ അടുത്ത് പഠിച്ച് പഠിച്ചു വന്ന് കൊണ്ടുപോ അല്ലെങ്കിൽ ഇനി നീ ഉറങ്ങാൻ ഈ വട്ടത്തിൽ വട്ടത്തിൽ കൊണ്ടുപോകും അവൻ സ്വർണ്ണ കൊണ്ടുപോയി കൊണ്ടുപോയതെല്ലാം വിശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു സ്വാമി നിങ്ങൾ ഒന്നുമില്ലാത്ത സന്യാസി ഭിക്ഷാന്തേഹി നിങ്ങൾക്ക് ആരോ സ്വർണ്ണ ഭിക്ഷാപാത്രം തന്നു പക്ഷെ നിങ്ങളെ ഇന്നലെ എനിക്ക് ആ ഭിക്ഷാപാത്രം ഇങ്ങനെ ഇട്ടു തന്നത് എനിക്ക് തോന്നി നിങ്ങൾ ചക്രവർത്തിയാണോ എന്ന് ആ ഭാവത്തിന്റെ രഹസ്യം എന്താണ് എനിക്ക് ഈ ഭിക്ഷാപാത്രം വേണ്ട എന്ന് വെച്ചോളൂ എനിക്കത് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് നാഗാർജുനന്റെ ഒരു ശിഷ്യനായിരുന്നു അത്ര ഈ കള്ളൻ അപ്പോ കയ്യിൽ ഒരു വസ്തു അവന്റെ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വതന്ത്രം ജനകമഹാരാജാവ് അങ്ങനെയായിരുന്നു എന്നാണ് ചക്രവർത്തി ആയിരുന്ന എല്ലാ സമൃദ്ധിക്കുന്ന നടുവിലിരുന്നു കൊണ്ടും ഒന്നും തന്റെ അല്ല എന്നുള്ള ഭാവത്തിൽ മിഥിലാപുരിയെ തീ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അനങ്ങിൽ യാത്ര അപ്പൊ ആ ഒരു സ്ഥിതി അവിടുന്ന് പഠിച്ചു പിന്നെയും ഒരു കൊച്ചുകുട്ടിയെ കണ്ടു കൊച്ചുകുട്ടി ലജ്ജയില്ലാതെ ഓടിന്ന് ഇപ്പൊ കുട്ടികളൊക്കെ കണ്ടില്ല ഇവിടെ വന്ന് നിൽക്കുന്ന അവർക്ക് നമ്മൾ നോക്കുന്നുണ്ടോ വല്ല വിചാരമുണ്ടോ യാതൊന്നുമില്ല അവർ വീഴുവോ നോക്കാം അച്ഛനും അമ്മയും വേണം നോക്കാനെ അവർക്ക് അതും വിചാരമില്ല അതുപോലെ വർത്തേയ തുഖം അതിശിശുവത് നിസ്സഹായ ശരേയം കന്യാശേഷോ വലയൈവ വിഭവം വച്ചിതന്യോന്യ ഘോഷ ത്വച്ചിത്തോനാവബുദ്ധി പരമിഷു കൃതി ചെറിയ കുട്ടികളെ പോലെ ഗുരുവായൂരപ്പ ഞാൻ ലജ്ജയില്ലാതെ നിസ്സഹായനാണെങ്കിലും ഭഗവാൻ ശരണാഗതി ചെയ്ത് കുട്ടികളെ പോലെ ഇരിക്കണം എന്ന് പഠിച്ചു ഒരു പെൺകുട്ടിയെ കല്യാണത്തിന് വരൻ കാണാൻ വന്നിരിക്കുന്നു ആ കുട്ടിക്ക് ലജ്ജ കയ്യിൽ ധാരാളം വളയിട്ടിട്ടുണ്ട് നെല്ലുകുത്തുകയാണ് നെല്ലുകുത്തുമ്പോ ഈ വള കെലുങ്ങുമ്പോ ആ പെണ്ണ് കാണാൻ വന്നവരെ ശ്രദ്ധിക്കുവോ എന്ന് വിചാരിച്ച് വള ഓരോന്നായി അഴിച്ചുമാറ്റി അവസാനം ഈ രണ്ടെണ്ണവും ആയപ്പോഴേ ശ്രദ്ധ അതും അഴിച്ചുമാറ്റി ഓരോ വള ശ്രദ്ധയില്ല ഓരോ വള രണ്ടും വേറെ വേറെ നിൽക്കുമ്പോ ശ്രദ്ധയില്ല ശബ്ദമില്ല അതേപോലെ അധ്യാത്മലോകത്ത് ചെറിയൊരു കാര്യം നമ്മളൊക്കെ കാണുന്ന കാര്യം പക്ഷേ ഈ അവധൂതൻ അതൊരു പാഠം ഭഗവത് ധ്യാനത്തിന് കൂട്ടത്തോടെ പറ്റില്ല എന്നാണ് നാമസങ്കീർത്തത്തിനോ കഥാശ്രവണത്തിനോ കൂട്ടത്തോടെ ഇരിക്കാം പക്ഷെ ഭഗവത് ധ്യാനം ചെയ്യണമെങ്കിൽ ആത്മവിചാരം ചെയ്യണമെങ്കിൽ തനീയതനു വേണം ഏകഏവ ചരിത്ര ഇവ കങ്കണ കൂട്ടമായ എന്താ കുഴപ്പം രണ്ടുപേരാണെങ്കിൽ പരസ്പരം വർത്തമാനം പറയാൻ തോന്നും നാലുപേരാണെങ്കിൽ ലഹള കൂടും ദ്വയോർ വാർത്താ വാസേ ബഹൂനാം കലഹ എന്ന ആളുകളാണെങ്കിൽ കലഹം രണ്ടുപേരാണെങ്കിൽ തമ്മിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും അതുകൊണ്ട് തനിയെ സഞ്ചരിക്കും കൂട്ടത്തോട് മെഡിറ്റേഷൻ ഒന്നും പറഞ്ഞാൽ ഒന്ന് ശരിയാവില്ല രാമകൃഷ്ണ പരമഹംസരെ ഒരിക്കൽ ബ്രഹ്മസമാജത്തിന്റെ ധ്യാനം കാണാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി അഞ്ചര മണിക്ക് ഡിങ് ബെല്ലടിച്ചാൽ എല്ലാവരും കണ്ണടച്ച് ധ്യാനിക്കും ആറുമണിക്ക് ഡിങ് ബെല്ലടിച്ചാൽ എല്ലാരും കണ്ണു തുറക്കും അപ്പൊ രാമകൃഷ്ണ പരമഹംസർ ഇവരുടെ നടുവിലിരുന്ന് ഇവർ ധ്യാനിക്കുന്നതൊക്കെ കണ്ടു രാമകൃഷ്ണദേവനോട് ചോദിച്ചു ഞങ്ങളുടെ മെഡിറ്റേഷൻ എങ്ങനെയോ ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പൊ രാമകൃഷ്ണദേവന് വെച്ചുകെട്ടൊന്നുമില്ല ഇദ്ദേഹം പറഞ്ഞു ദക്ഷിണേശ്വർ കോവില് വൈകുന്നേരം ദീപാരാധന സമയത്ത് നടയടക്കും നടയടച്ചാ അവിടുത്തെ കുരങ്ങന്മാരൊക്കെ മരത്തിൽ കയറി കൈകെട്ടി ഇരിക്കും അത്രയും ഇങ്ങോട്ട് നോക്കിട്ട് അപ്പൊ തോന്നു അവരൊക്കെ എന്താ ദീപാരാധന ആരത്തി തൊഴാനായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു കാര്യമൊന്നുമല്ല അത് കഴിഞ്ഞ് വാതിൽ തുടർന്നാ പായസ ചൊമ്പ് ഇറക്കി വെക്കും അതിൽ ആദ്യം കൈയിട്ട് വാരാനായിട്ട് തയ്യാറാവുകയാണെന്നാണ് അതുപോലെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തോടെ ഇരിക്കുന്നത് എന്നാണ് ഭഗവത് ധ്യാനത്തിന് തനിയെ വേണം എന്നുള്ളത് ഈ കന്യകയിൽ നിന്നും പഠിച്ചു അടുത്തത് അമ്പുണ്ടാക്കുന്ന ആള് പരമിഷു കൃതിവ ഈ അമ്പുണ്ടാക്കുന്നവൻ അമ്പുണ്ടാക്കുന്നതിലേ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അടുത്തുകൂടെ ഒരു വലിയ ഘോഷയാത്ര പോയിട്ടും അറിഞ്ഞില്ല അയാളോട് അവധൂതൻ ചോദിച്ചു ഇവിടെ ഒരു ഘോഷയാത്ര പോയല്ലോ ആരാണ് ഈ അമ്പുണ്ടാക്കണമെന്ന് പറഞ്ഞു ആവോ ഞാൻ കണ്ടില്ല അവധൂതന് ആശ്ചര്യം തോന്നി ഇത്ര ഏകാഗ്രതയോ ഈ ഏകാഗ്രതയുടെ രഹസ്യം അമ്പ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ചെറിയ കുട്ടിക്കാലം മുതൽ ഇതിൽ തന്നെയാണ് എനിക്ക് ശ്രദ്ധ ഞാൻ വേറെ ഒന്നും പഠിച്ചില്ല അമ്പ തന്നെയാണ് എന്റെ ഏകാഗ്രത ബാക്കി ഒരു വിഷയവും ഞാൻ അറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല ഇത്തരത്തിലൊരു ഏകാഗ്രത ഭഗവത് ധ്യാനത്തിൽ വ്യവസായാത്മിക ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി ഉണ്ടെങ്കിൽ ഭഗവത് ഉണ്ടാകും ഈ അമ്പ ഒരു ഗുരു ഇനിയിപ്പോ ആശ്രമം കെട്ടണോ എന്നൊരാഗ്രഹം വേണോ വേണ്ടയോ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സഞ്ചരിക്കണു സന്യാസികളൊക്കെ കുറെ ദിവസം കഴിഞ്ഞാൽ എത്ര ദിവസം അവിടെ ഇവിടെ ഇരിക്കും നമ്മൾക്കായിട്ട് ഒരു ആശ്രമം അപ്പൊ ആരെങ്കിലുമൊക്കെ ഒരു സ്ഥലം കൊടുക്കും ഒരു കെട്ടിടം കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ എന്താവുന്ന വെച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഇനിയും പണം ചോദിക്കേണ്ടി വരും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചുമതല തലയിൽ ഈ അവതൂതൻ എന്ത് വേണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ചെന്നു ഒരു എലി ഉണ്ടാക്കിയ മാളത്തിൽ കയറിയിരുന്നു അതൊന്നും കെട്ടിയില്ല ഇത് കണ്ടപ്പോ തീരുമാനിച്ചു നല്ല ബുദ്ധിശാലി പാമ്പ് സന്യാസികളും ഇതുപോലെ സർവപരിഗ്രഹ ഭോഗത്യാഗ കുഖം നോതി വിരാഗ എവിടെങ്കിലുമൊക്കെ അമ്പലങ്ങള് സത്രം ആരൊക്കെയോ കെട്ടിവെച്ചിട്ടുണ്ട് പലരും ആശ്രമം കെട്ടിവെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ പോയിരിക്കാം നമുക്ക് മെനക്കെടൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ആരൊക്കെയോ കെട്ടിവെച്ചിരിക്കണം അങ്ങനെ ഒരു പാഠം പഠിച്ചു സർപ്പം അടുത്തത് എട്ടുകാലി വലയുണ്ടാക്കുന്ന പോലെ ഭഗവാൻ സൃഷ്ടി ചെയ്ത് സംഹാരം ചെയ്യുന്നു എന്ന് പഠിച്ചു ഭഗവാന്റെ കൃപയും എട്ടുകാലി വല പോലെയാണ് രമണ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയിലെ ഒരു പാട്ടിലെ ചെലാർ ഹേ അരുണാചലാം നീ കൃപയാകറ വലയി പോട്ട് ി പോ അരുണാചലി അരുണെ യൻ അരുൾ കണ്ണിപ്പട്ടേ ഉരുൾവലോ അരുണാചല സ്മരിച്ച കൃപാ വലൈക്ക് മാറ്റി തപ്പിച്ചുള്ള മാട്ട വെച്ച് നീ എന്നെ എടുത്ത് മുഴുങ്ങനെ ചാപ്ട്ടെ അത് മാതിരി ചിലന്തി ഒരു ഗുരു എട്ടുകാലി ഒരു ഗുരു അടുത്തത് ഭ്രമരം ഭ്രമരത്തിനെ നമുക്ക് മുമ്പ് തന്നെ അറിയാം ഒരു പുഴു കൊണ്ടുവച്ച് ആ ഭ്രമരം ഒരു കുത്തുകൊടുക്കും വേട്ടാവളിയൻ ഭംഗിയായിട്ട് മണ്ണുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് കൊണ്ടുവെക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെ കാണാം എന്നിട്ട് അത് അടച്ചു വയ്ക്കും ആ പുഴു അതിനകത്ത് ഇരുന്ന് ഭ്രമരത്തിനെ ധ്യാനിക്കുക ഇതാണ് ഭ്രമരകീടന്യായം അത് പൊളിച്ച് പുറത്തു വന്നാൽ അതൊരു ഭ്രമരമായിട്ട് പുറത്തു വരും അതുപോലെ യോഗിയും ഭഗവത് ധ്യാനം ചെയ്ത് സ്വയം പരമാത്മ സ്വരൂപമായിട്ട് തീരും എന്ന് ഭ്രമരം അവസാനത്തെ ഗുരു ശരീരം തന്നെ ശരീരം തന്നെ ഗുരു എന്താ ശരീരത്ത് നിന്ന് നാരായണ ഭട്ടതിരി പറഞ്ഞു ശരീരമാണ് എനിക്ക് മുഖ്യമായ ഗുരു എന്താന്ന് വെച്ചാൽ േഹോ വിവേക വിരക്തിഹേതു ഹീ ഹീ മേ ദേഹമോഹം തയജ പവന പുരാധീശേതോ ഗേഹേ വിത് കളത്രാദിഷ വിവസിതം വിസ്മരത്തി സോയം വന്നേ ശുനോ വരമിത പര സദം ച അക്ഷി കർണിഹ്വാദ്യ വികർഷന്തി അവശം അതോ ഈ ദേഹത്തിനോടുള്ള മോഹത്തിനെ എടുത്തു കളയൂ ഗുരുവായൂരപ്പാം മരിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്വന്തക്കാർ ഒരുപാടുണ്ട് ആരോഗ്യ സ്വന്തക്കാർ തീ സ്വന്തക്കാരൻ നായ സ്വന്തക്കാരൻ കുറുക്കൻ സ്വന്തക്കാരൻ കഴുകൻ സ്വന്തക്കാരൻ ഇവരൊക്കെ കാത്തുകൊണ്ടേ ഇരിക്കണ്ടത്ര പട്ടണത്താർ പാട്ടിലവർ ചർ ഒരു ചെട്ടിയാർ സുഖമാക്കാർ തൊപ്പയില രണ്ടുപേരാ എണ്ണ പോലീഷ് പണി വിടാം ഇവർ ഭിക്ഷാന്തേ മുന്നാല നിക്കു പരിഹാസം പണി ഇവർ പണക്കാരാ ചെട്ടിയാർ പട്ടണത്തി സാമികൾ എല്ലാത്തിന്യാസിയാ നടക്കേ പരിഹാസം പണി നാരി എപ്പിഗമാ രണ്ട് പേര് തൊപ്പ എണ്ണ പോടവിട പട്ടണത്തൊപ്പ് നരി കഴുകിയാർ തൊപ്പ തനക്ക് സ്വന്തം നെച്ചിട്ട് നായ് നരി കഴുകി പോയിക്കാം എങ്ങനെ എപ്പ കണ്ടി അവരീരം ശരീരം മരിച്ചു കഴിയുമ്പോ ഇതൊക്കെ ഉണ്ട് ജീവനോട് ഇരിക്കുമ്പോഴോ കണ്ണൊരു വശത്തേക്ക് വലിക്കുന്നു ചെവി ഒരു വശത്തേക്ക് വലിക്കുന്നു നാവ് ഒരു വശത്തേക്ക് വലിക്കുന്നു ബഹ്വ സപത് അഞ്ച് കല്യാണം കഴിച്ച് ഒരാളുടെ ഗതി എന്നാണ് പറയുന്നത് അഞ്ച് കല്യാണം കഴിച്ച് അഞ്ച് ഭാര്യമാരെ ഒരു വീട്ടിൽ വെച്ച് ഒരാൾ അയാളുടെ സ്ഥിതി ബഹ്യ സപത്ന ഇവ ഗേഹപതി ലുനന്തി ശരീരം അത് ശരീരം വ്യാധി വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലവണ്ണം മനസ്സിലാവും ശരീരത്തിനെ താനെന്ന് ധരിച്ച് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ലാന്നുള്ള പാഠം മനസ്സിലാവും ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ശരി അനാരോഗ്യം വരുമ്പോൾ ഒരു പാഠം നമ്മൾ പഠിക്കും ഈ ദേഹം ഞാനല്ല ദേഹം എൻ്റെയല്ല ദേഹം എനിക്ക് വേണ്ടിയുമല്ല ദേഹം പ്രകൃതിയാണ് ദേഹം പ്രകൃതിയുടെയാണ് ദേഹം പ്രകൃതിയുടെ കർമ്മം ചെയ്യാനാണ് അത് അത് വീണു ദേഹം ഭഗവാന്റെയാണ് ആ ഭഗവാൻ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ വിട്ടിരിക്കണം അത് അത് വീഴും നമ്മളുടെ അടുത്ത് ചോദിക്കില്ല അതിന് എന്ത് വ്യാധി വരണം നമ്മളുടെ അടുത്ത് ചോദിക്കില്ല എപ്പോൾ മരിക്കണം നമ്മളുടെ അടുത്ത് ചോദിക്കില്ല ജനിക്കുമ്പോഴും നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ട് ജനിച്ചിട്ടില്ല ഇനി ഫ്യൂച്ചറിൽ അത് എങ്ങനെ ഇരിക്കാൻ പോകണോ ഒന്നും നമുക്കറിയില്ല വെറുതെ നമ്മളുടെ ശരീരം അല്ലെങ്കിൽ ഞാൻ ശരീരം എന്ന അഭിമാനം ഈ ശരീരം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠം നീ വേറെ ഞാൻ വേറെ എന്നൊരു പാഠം അത് ദേഹത്തിൽ നിന്നും പഠിച്ചു അങ്ങനെ ഇരുപത്തിയഞ്ച് ഗുരു ഈ ഇരുപത്തഞ്ച് പേരിൽ നിന്നും തത്വം പഠിച്ച് യാാനിതാം മുക്തോ അടാമി വിമുക്തനായി ജീവൻമുക്തനായി സഞ്ചരിക്കുന്നു യാതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല ഈ മനുഷ്യശരീരം കിട്ടി നമ്മളൊക്കെ തന്നെ ഈ ആത്മസാക്ഷാത്കാരത്തിന് യത്നിക്കണം ലബ്ധാസു ദുർലഭമിതം ബഹുസംഭവാം മാനുഷ്യം അർത്ഥത അനിത്യമപീഹധീരം തൂർണം യതേത നതേത് അണു വിഷയക്കതു സർവത സാത് ഇങ്ങനെ ഏവം സഞ്ജാത വൈരാഗ്യ ഇങ്ങനെ വൈരാഗ്യം ഉണ്ടായി സ്വതന്ത്രനായി ഞാനിതാ സഞ്ചരിക്കുന്നു എന്ന് അവധൂതൻ പറഞ്ഞു യതുമഹാരാജാവും ഈ വിഷയം കേട്ട് ശാന്തനായി ബ്രഹ്മവി ബ്രഹ്മവിത്തായിട്ട് തീർന്നു ജ്ഞാനിയായിട്ട് തീർന്നു എന്ന് ഭഗവാൻ ഈ ഗുരുക്കന്മാരെ പറഞ്ഞ് അവസാനിപ്പിച്ചു